സ്നേഹം നിറഞ്ഞ സദസ്യർ കഴിഞ്ഞ ഏഴ് ദിവസം ഈ സത്സംഗത്തിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീ വെങ്കിടാചലം അവ സത്സംഗത്തിൻ്റെ ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ഞാൻ ഈ വേദിയിൽ ക്ഷണിച്ചുകൊള്ളുന്നു സർവ ആദരണീയനായ ആചാര്യനും എല്ലാ ശ്രോതാക്കൾക്കും വിനീത പ്രണാമങ്ങൾ അർപ്പിച്ചു കൊള്ളട്ടെ ഒരാഴ്ചയായിട്ട് ഇവിടെ നടന്നു വന്ന ഗീത ജ്ഞാനയജ്ഞം അതിൻ്റെ സമാപന വേളയായ ഈ സമയത്ത് ശ്രോതാക്കളായ നമ്മളിലേവരിലും ഇപ്പോൾ ഉണ്ടാവേണ്ടത് ഹൃദയം നിറഞ്ഞ കൃതാർത്ഥതയും കൃതജ്ഞതയും ധന്യതയും സന്തോഷവും തൃപ്തിയും എല്ലാം നിറഞ്ഞു കവിഞ്ഞൊഴുകേണ്ട ഒരു സമയമാണ് ഏതാണ്ട് കൊല്ലത്തിൽ ഒരുവർ ഒരു നൊച്ചോറ് ട്രീറ്റ്മെൻറ്റ് ഒരു നൊച്ചോറ് ചികിത്സ കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല എന്നായിരിക്കുകയാണ് കൊച്ചുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം അത് മുടങ്ങി അതുകൊണ്ടായിരിക്കാം ഈ പ്രാവശ്യം വളരെ ഉത്സാഹഭരിതരായിട്ട് എല്ലാവരും ഈ യജ്ഞത്തിൽ വളരെ ശ്രദ്ധാളുക്കളായിട്ട് പങ്കെടുത്തത് നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ വിശേഷപ്പെട്ട കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുക എന്നതല്ല മറിച്ച് നമ്മൾ എന്താണോ ഇഷ്ടപ്പെടേണ്ടത് അതായിരിക്കും ഇദ്ദേഹം കൂടുതൽ പറയുക ഹിതകരമായിട്ട് എന്താണോ അത് പ്രിയങ്കരമായിട്ടുള്ള കാര്യങ്ങളല്ല പിന്നെ സ്വാഭാവികമായിട്ടും ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കിഷ്ടപ്പെടാത്ത പലതും അതിൻ്റെ അകത്തുണ്ടാകും നമ്മൾ കാലാകാലങ്ങളായിട്ട് വെച്ച് പല ധാരണകളെയും നമുക്ക് തിരുത്തേണ്ടതായിട്ട് വരും ചിലപ്പോൾ നമ്മുടെ ആത്മീയതയ്ക്ക് വേണ്ടി നമ്മൾ കൊണ്ടുനടക്കുന്ന പല ഫൗണ്ടേഷൻ സ്റ്റോണുകളും നമ്മുടെ ബേസിക്സ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നേക്കാം അതുപോലെ ഈ പ്രാവശ്യവും അത്തരം പല അനുഭവങ്ങളും നമുക്കുണ്ടായി എന്ന് വേണം കരുതാൻ ആദ്യ ദിവസം തന്നെ അദ്ദേഹം പറ പറയുകയുണ്ടായി എന്തെങ്കിലും ആയിത്തീരണം എന്ന ആഗ്രഹം എന്നാണോ അവസാനിക്കുന്നത് ആ സമയത്ത് മാത്രമേ ഭഗവത്ഗീത മനസ്സിലാകാൻ തുടങ്ങുള്ളൂ കൂടുതൽ മനസ്സിലാകുന്ന കാര്യം പിന്നീട് തുടങ്ങുന്നത് തന്നെ ആ സമയത്താണത്രേ ിക്കം എന്നുള്ള ഫീലിംഗ് എപ്പോഴാണോ അവസാനിക്കണത് ആ സമയത്താണ് അത്ര ഗീത മനസ്സിലാകാൻ തന്നെ തുടങ്ങാൻ പോണത് അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ കൈകാര്യം ചെയ്ത അഭ്യാസ യോഗം അഥവാ ധ്യാനയോഗം എന്നുള്ളത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇത്രയും കാലം ചെയ്തു ധ്യാനങ്ങളെല്ലാം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ നമ്മൾ ചെയ്തു വന്ന മുഴുവനും ഹുശാഖകളായി അനന്തമായിട്ട് പല പല ഭൗതിക പദാർത്ഥങ്ങൾ ലഭിക്കാനായിട്ട് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ചെയ്തുകൂട്ടിയ ഓരോരോ മാനസിക പ്രക്രിയ ആയിരുന്നു ആ ധ്യാനങ്ങൾ അവസാനിച്ചാൽ മാത്രമേ ഇവിടെ പറയുന്ന അഭ്യാസയോഗം അഥവാ ധ്യാനയോഗം നമുക്ക് തുടങ്ങാൻ സാധിക്കുള്ളൂ വീണ്ടും അദ്ദേഹം പറയുകയുണ്ടായി നമ്മൾ സാധാരണ പുലർത്തി പോരുന്ന വിശ്വാസം കുറച്ച് കുറച്ചായിട്ട് കർമ്മങ്ങളൊക്കെ ശേഷം ജ്ഞാനം സമ്പാദിക്കാം എന്നാണ് പക്ഷെ അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം ജ്ഞാനം കിട്ടിയതിന് ശേഷം വേണം കർമ്മം ചെയ്യാനായിട്ട് ഭഗവത്ഗീതയിൽ ജ്ഞാനസംബന്ധിയായ സാങ്കയോഗം കഴിഞ്ഞിട്ടാണത്രേ കർമ്മസംബന്ധിയായ കർമ്മയോഗം വരുന്നത് വിഷയം അറിയാണ്ട കർമ്മം ചെയ്യാൻ പുറപ്പെട്ടാൽ അത് പലപ്പോഴും നമ്മൾ വിചാരിക്കും അത് കർമ്മയോഗമാണെന്ന് പക്ഷേ സത്യത്തിൽ അത് കർമ്മയോഗമൊന്നും അത് കർമ്മരോഗം അല്ലെങ്കിൽ കർമ്മദ്രോഹം ആയിട്ടൊക്കെ ആയിരിക്കും മാറണത് ചിലപ്പോൾ സന്യാസി ആകാനായിട്ട് പുറപ്പെട്ടിട്ട് വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ഒക്കെ ആയിട്ട് മാറിയേക്കാം ഈ രോഗമെന്ന് പറയുന്നത് ശരിക്കും ഉള്ള രോഗം തന്നെ അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട് തോന്നുന്നു അദ്ദേഹം പല പ്രാവശ്യവും പറഞ്ഞു ഈ വലിയ വലിയ ഐ ടി മേഖലകളിലും പ്രവർത്തിക്കുന്ന യുവാക്കൾ കൈ സമ്പാദിച്ച് കാലത്തും വൈകിട്ടും രാത്രിയും പണിയെടുത്ത് ഉള്ള ആരോഗ്യം മുഴുവൻ ക്ഷയിപ്പിച്ച് ശിഷ്ടകാലം മുഴുവൻ സമ്പാദിച്ചു കൂട്ടിയ പണം മുഴുവനും ആരോഗ്യത്തെ വീണ്ടെടുക്കാനായിട്ട് ചെലവഴിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ അദ്ദേഹം വരച്ച് കാണിച്ചു ഒരുപാട് ചിന്തിക്കേണ്ട ഒരു വിഷയം ഒരുപാട് പേര് അത്തരത്തിൽ പെട്ടതാണെന്ന് വേണം വിചാരിക്കാൻ അപ്പോൾ എന്തെല്ലാമാണ് ഒഴിവാക്കേണ്ടത് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചത് അദ്ദേഹം നമുക്ക് തന്നത് ഒരു ആക്ഷൻ പ്ലാൻ എന്നതിനേക്കാളും ഉപരിയായിട്ട് ഒരു ഇനാക്ഷൻ പ്ലാൻ ആയിരുന്നു എന്തെല്ലാമാണ് ചെയ്ത് കൂടുതലായിട്ട് എന്തെല്ലാമാണ് ഉപേക്ഷിക്കേണ്ടത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം ഇനാക്ഷൻ പ്രോഗ്രാം വിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളും ശക്തി ഒരു അവിഹിത കർമ്മത്തെ ഉപേക്ഷിക്കുക എന്ന് പുണ്യം കിട്ടാനായിട്ട് പൂജകൾ ചെയ്യുന്നതിനേക്കാളും ബലമുള്ളത് ഒരു പരദ്രോഹത്തെ നിർത്തുകയോ ഒരു കള്ളം പറച്ചിൽ നിർത്തുകയോ ആണ് എന്നുള്ള ഉദാഹരണം അത് സുവ്യക്തമായിരുന്നു ആ സന്ദേശം കർമ്മയോഗത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ശരിക്കുള്ള ധ്യാനം ചെയ്ത ഒരാൾക്ക് മാത്രമേ ഈ ശരിക്കുള്ള കർമ്മയോഗം അനുഷ്ഠിക്കാൻ സാധിക്കുള്ളൂ ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ശീലിച്ചിട്ടുള്ളതല്ല എന്ന് ഒരുപാട് ദിവസം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു വ്യാഴാഴ്ച മുഴുവൻ ധ്യാനത്തിന്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ വശങ്ങളെയും അദ്ദേഹം സ്പർശിച്ചു ഇവിടെ ഇരുന്ന എല്ലാ ആൾക്കാരും തന്നെ മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും വളരെ ശ്രദ്ധാഭക്തിയോടുകൂടി ഒരു പിൻഡ്രോപ് സൈലൻസോടുകൂടി ആ ധ്യാന പ്രക്രിയ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ നമ്മളെ വളരെ ശ്രദ്ധിച്ചത് കേൾക്കുകയുണ്ടായി കാരണം നമ്മുടെ എല്ലാവരുടെയും അന്തരാത്മാവിനെ തൊട്ടുണർത്തിയ ഒരു സെഷനായിരുന്നു അത് അദ്ദേഹം പറഞ്ഞു ധ്യാനം എന്ന് പറയണത് പുറത്ത് എന്തെങ്കിലും കിട്ടുന്ന വിഷയങ്ങളല്ല അത് ആന്തരികമായിട്ടുള്ള സുഖത്തെയും വിശ്രാന്തിയെയും ആ ബോധ ജ്ഞാന മനസ്സിലാക്കലാണ് അത് കഴിയുമ്പോഴേക്കും നമുക്ക് യഥാർത്ഥ കർമ്മയോഗം കർമ്മയോഗം എന്ന് അവിടെ ഉദ്ദേശിച്ചത് കാര്യമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യുക കാര്യമായിട്ടുള്ള കർമ്മം എന്ന് പറയുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ കർമ്മയോഗം അനുഷ്ഠിക്കാൻ സാധിക്കുള്ളൂ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചു പലതും ആവശ്യപ്പെട്ടതല്ല ആഗ്രഹിക്കുന്നതിന് പുറകെ പോകുന്നു അതുകൊണ്ട് നമ്മുടെ എല്ലാ വീടുകളിലും ഉപയോഗശൂന്യമായിട്ട് പല പദാർത്ഥങ്ങളും കിടപ്പുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിനും അറിയാം നമുക്കും അറിയാം അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നു വീട്ടമ്മമാർക്ക് ഭഗവാൻ അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഒരു മുക്തി മാർഗമാണ് അടുക്കളപ്പണി എന്ന് പറയുന്നത് കർമ്മയോഗത്തിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ നാൽപ്പത് വർഷം നന്നായിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ആരും ഒരു താങ്ക് പോലും പറഞ്ഞില്ലെങ്കിൽ പോലും വളരെ ശ്രദ്ധിച്ച് ആ ജോലി വീട്ടമ്മ ഏറ്റെടുക്കുന്നു ഇതാണ് അത്രേ മുക്തിമാർഗത്തിന് ഭഗവാൻ അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഒരു കാര്യം ഒരു കർമ്മയോഗി എന്ന് പറയുന്ന ആള് ഒരു മധ്യമവർത്തി ആയിട്ട് ജീവിക്കും അത്രയും അയാളൊരു യുക്തനായിരിക്കും ഭക്ഷണത്തിന് ഭക്ഷണം ഉറക്കത്തിന് ഉറക്കം വിശ്രാന്തിക്ക് വിശ്രാന്തി കളിക്ക് കളി കാര്യത്തിന് കാര്യം എന്നുള്ള ഒരു ബാലൻസ് ഉള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കും ആ കർമ്മയോഗി അയാള് സമത്വ ബുദ്ധി കൊണ്ട് നടക്കുന്ന ആളായിരിക്കും അത്രേ കല്ലിൻ്റെ വില കല്ലിന് മണ്ണിൻ്റെ വില മണ്ണിന് സ്വർണ്ണത്തിന്റെ വില സ്വർണ്ണത്തിന് സ്വർണ്ണത്തിന് വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഇഡലിയോ ദോശയോ കഴിക്കാൻ സാധിക്കില്ല എന്ന് പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി അപ്പൊ ഒരു കാര്യത്തെയും നമ്മൾ അണ്ടർ എസ്റ്റിമേഷനും ചെയ്യാൻ പാടില്ല ഓവർ എസ്റ്റിമേഷനും ചെയ്യാൻ പാടില്ല വില കുറച്ചും കാണരുത് വില കൂട്ടിയും കാണരുത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വില കൊടുത്തും കൊണ്ട് ഈ ലോകം മുഴുവനും ഈശ്വരൻ്റെ തന്നെ ഒരു പ്രകാശമായിട്ട് ഇന്നലെ പറയുകയുണ്ടായി ഒരു സത്ത പ്രകാശത്തെ എല്ലായിടത്തും കാണുകയും ആ സ്വരൂപ ആനന്ദത്തെ ലോകം മുഴുവൻ കാണുമാറാവുകയും ഈ ജീവിതത്തെ മുഴുവനും ഒരു പരമേശ്വരൻ്റെ തിരുക്കൂത്തായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സാമർത്ഥ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം ആ സാധന എത്രത്തോളം ആയാലും നമ്മളതിൻ്റെ പരാജയം എന്നുള്ളതിൻ്റെ അത് വരുന്നില്ല ഇനി മരിച്ചു പോയാലും കുഴപ്പമില്ല അടുത്ത ജന്മത്തിന് നമുക്ക് എവിടെ നിർത്തിയോ അവിടെ തുടങ്ങാൻ സാധിക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇത്രത്തോളം വിലപിടിപ്പുള്ള സന്ദേശങ്ങൾ ഈ ജ്ഞാനമൊത്തുക്കൾ നമുക്ക് വേണ്ടി പറഞ്ഞ് പറഞ്ഞത് ഉപദേശിച്ചു തന്ന ഇദ്ദേഹത്തെ നമ്മുടെ എല്ലാവരെയും പ്രതിനിധീകരിച്ചും കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രണാമങ്ങൾ ഈ വ്യാസപീഠത്തിൽ ഞാൻ അർപ്പിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും അജ്ഞാനത്തെ ഇവിടെ ആളിക്കത്തുന്ന ജ്ഞാനാഗ്നിയിൽ നമുക്ക് സമർപ്പിക്കാം ഈ ജ്ഞാനയജ്ഞത്തിൽ നിന്നും വരുന്ന ആ അനുഗ്രഹപ്രസാദത്തെ തോന്നം മിഞ്ചിസ്തിഥാഷ്ടം കൂർമാതം ആത്മനം ഭേദി സുഖിന് സുഖേ സന്തോഷ നിരാമയാ सर्वे ദ്രാണി പശ്യൻ മാറ്റി യജ്ഞപ്രസാദും ഇപ്രാവശ്യം തരണത് അവിടെ തന്നെ ആനന്ദമഗരന്ഥത്തിൽ നിന്ന് എടുത്തൊരു സ്തോത്രാണ് ശിവരസ പഞ്ചകം അതിൽ അർത്ഥവും ഉള്ള അഞ്ച് ശ്ലോകങ്ങളാണ് യജ്ഞപ്രസാദായിട്ട് കൊടുക്കുന്നത്